മഹത്വം രണ്ട് ആഴ്ചയായി നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന് തുടർച്ചയായിട്ട് ഇന്നും നമ്മെ ചിന്തിപ്പിക്കുന്ന ദൈവജനങ്ങൾ നമുക്ക് തന്നു നമ്മുടെ ഹൃദയം എവിടെയാണ് നമ്മുടെ ലക്ഷ്യം എവിടെയാണ് നമ്മുടെ കണ്ണുകൾ എവിടെയാണ് നമ്മുടെ ഏകാഗ്രത എവിടെയാണ് ഹൃദയപൂർവ്വം ഞാൻ ഇന്ന് സഹോദരനോട് കേൾപ്പിച്ച ദൈവത്തെ ഏറ്റെടുക്കുന്നു ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു എല്ലാം സുഗമമായി പോകുമ്പോൾ നാം തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയാണ് നമുക്ക് ക്രിസ്തീയ ജീവിതം ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ ജീവിതമാണെങ്കിൽ അങ്ങനെ കാര്യം ചിന്തിക്കുക രോഗങ്ങളില്ല പ്രതികൂലങ്ങളൊന്നുമില്ല നമുക്ക് പഴയ നിമിത്ത കാണാൻ പറ്റും ഏറ്റവും സുഗമമായ കാലഘട്ടത്തിലാണ് ദൈവജനം ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്നകന്നു പോയത് ഞാൻ ഈ വാക്യങ്ങളെ കേട്ടപ്പോൾ നമ്മളിന്ന് കേരളം മുഴുവൻ കടന്നു പോകുന്ന ഈ ബുദ്ധിമുട്ടിൻ്റെ ഈ സമയത്ത് ദൈവജത്തിൽ നിന്നും ഒരു വാ കാര്യം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കടന്നു പറഞ്ഞപ്പോൾ ദൈവം എന്താണ് ഇങ്ങനെ നമ്മളെ പല ആഴ്ചകളായിട്ട് ഈ വിപരീതങ്ങളുടെ മധ്യേ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളെ ശോധന ചെയ്യുവാനായിട്ട് ദൈവം തന്നെ വചനം തരുന്നു എന്തിനാണിതെല്ലാം നാം തിരിഞ്ഞ് നമ്മളെ തന്നെ നോക്കേണ്ട ഒരു സമയമാണിത് ഒരു പ്രതികൂലത്തിലൂടെ നാം കടന്ന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ ദൈവം നമ്മെ ഇളക്കുന്നത് എന്താണ് എന്തിനാണെന്ന് ഹിബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് നാം നന്ദിയുള്ളവരായി സോറി ഇരുപത്തിയേഴ് അതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് നാം നിർമ്മിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആസ്വദിക്കുന്ന നാം ഹൃദയം വെച്ചിരിക്കുന്ന നമുക്ക് താല്പര്യമുള്ള പല കാര്യങ്ങളും ഈ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹത്തിന് വിപരീതം നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അവയിൽ നിന്ന് നമ്മെ പിടിപ്പിക്കാനായിട്ട് ദൈവം അവയെല്ലാം ഇളക്കുകയാണ് നമ്മളെ ഇളക്കുകയാണ് എന്തിനാണ് ആ ഇളകേണ്ടതെല്ലാം ഇളകി മാറി നാം ഇളക്കമില്ലാത്ത രാജ്യം തൻ്റെ ഇഷ്ടത്തിലേക്ക് വരുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ ഈ കഷ്ടൂടെ കടന്ന് പോകുമ്പോൾ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾ പാടിയതപ്പോഴൊക്കെ പലപ്പോഴും ആവർത്തിച്ചു ഏത് കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിന് വേണ്ടി ഒരു സാക്ഷ്യമായിട്ട് ജീവിതത്തെ മാറ്റുവാൻ കർത്താവിന് കഴിയും കഥാപ്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ കർത്താവിന് അൺഫിറ്റായിട്ടുള്ള കത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് യോജിക്കാത്തവയെല്ലാം ചെത്തി ദൈവം എപ്പോഴും ഇങ്ങനെയുള്ള കഷ്ടതയുടെ പഴുക്കളാണ് ഉപയോഗിക്കുക ഹൃദയത്തിലേക്ക് വന്ന ഒരു വചനം മോശയെപ്പറ്റി ഒരു സാക്ഷ്യമാണ് മോശയുടെ ജീവിതം നോക്കുക മോശ വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ ദൈവം കരങ്ങളിലെടുത്ത് ആ ഫറവയുടെ കൊട്ടാരത്തിൽ മോശയാക്കി ആക്കുന്നു തുടർന്ന് ദീർഘമായ നാളുകൾ കൊട്ടാരത്തിലെ എല്ലാ രാജകീയ പ്രതാപത്തോടെയും ഫറവോയുടെ മകളുടെ മകനെന്ന ആ എല്ലാ സമൃദ്ധിയിലും മോശം വളരുന്നു നമുക്കൊരു ഒരു സ്വസ്ഥതയുടെ അല്ലെങ്കിൽ ഒരു സൗഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജകീയതയോടെ എല്ലാം ആ സകല മഹത്വത്തിലും മോശം മുമ്പോട്ട് പോവുക അങ്ങനെ ഒരു മോശ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം നോക്കുക അത് കഴിഞ്ഞ് കടന്നു പോയ കാലഘട്ടം നാൽപ്പത് വർഷത്തെ ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷണത്തിലൂടെ മോശം കടന്നുപോയി തൻ്റെ രാജകീയമായ തൻ്റെ അഭ്യാസങ്ങളൊന്നും കർത്താവിന് ആവശ്യമുണ്ടായിരുന്നില്ല കൊട്ടാരത്തിൽ നിന്ന് താൻ അഭ്യസിച്ച തൻ്റെ വിദ്യാഭ്യാസമോ തൻ്റെ കായികമായ കഴിവുകളോ ഒന്നും ദൈവത്തിന് വേണ്ടി വന്നില്ല ദൈവം പകരം നോക്കുക എത്രോയുടെ ആ ആടുകളെ മേയിച്ച് നാൽപ്പത് വർഷം മരുഭൂമിയിൽ താൻ കത്താവിനാൽ പഠിപ്പിക്കപ്പെട്ടവനായിട്ട് എങ്ങനെയാണ് കതാവിനാൽ ഇങ്ങനെ വെളിപാടിനാൽ പഠിപ്പിക്കുകയാണോ ചെയ്തതല്ല പ്രായോഗിക ജീവിതത്തിലൂടെ പരാജയങ്ങളിലൂടെ അല്ലെങ്കിൽ പലപ്പോഴും കിഴിചരങ്ങുന്നൊരു ഭീരുവിനെ പോലെ അല്ലെങ്കിൽ ഒരു അമ്മായിയപ്പൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു മേധാവിത്യം പോലും നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു ഒരു ഗന്ധം നമുക്ക് കിട്ടാറുണ്ട് അവിടെയെല്ലാം നോക്കുക അത് ഒരു ദൈവമുഖം അന്വേഷിച്ച ഒരുവനായിട്ട് ഒരു അറിയില്ല കർത്താവ് എന്താണ് ദൈവം തൻ്റെ ചെയ്യുന്നത് എന്ന് പോലും അറിവില്ലാതെ നമുക്ക് അതാണ് ഒരു ജനതയെ മുഴുവൻ നയിക്കാനായിട്ട് ദൈവം മോശയിൽ കണ്ട യോഗ്യത പക്ഷേ മോശയെ പറ്റിയുള്ള സാക്ഷ്യം എത്ര മനോഹരമായ സാക്ഷ്യമാണ് ഈ ഈ വിപരീത സാഹചര്യത്തോടെ എല്ലാം കടന്നുപോയ മോശ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ ആവർത്തന പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം നമ്മളെ ചലഞ്ച് ചെയ്യേണ്ട ഒരു വാക്യമാണ് മുപ്പത്തിനാലിൽ ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല നമുക്ക് എത്ര മനോഹരമായ സാക്ഷ്യോ ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യമല്ലേ ദൈവത്തിൻ്റെ പരിശിദ്ധമാവുക നമ്മൾ സ്നാമ ഹോമനാനെപ്പറ്റി അങ്ങനെയുള്ള സാക്ഷ്യം യേശു തന്നെ പറഞ്ഞാൽ നമുക്കറിയാം പ്രവാചകരില് സ്നാമഹിമനെ കൾവലീവനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നമുക്ക് പ്രിയപ്പെട്ടവരെ ദൈവം മറ്റൊന്ന് ഇങ്ങനെ ചില പ്രവാചകന്മാരെ മാത്രം ഉദ്ദേശിച്ചാണോ ഈ സാക്ഷ്യം ഇങ്ങനെയുള്ള മനോഹരമായ വെല്ലുവിളികൾ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പറ്റിയും എന്നെ പറ്റിയും നിങ്ങൾ ഓരോരുത്തരെ പറ്റിയും കത്താവ് ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒരു കാര്യമല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന സമയം ഞാൻ എൻ്റെ മകനെ അയച്ച എൻ്റെ എൻ്റെ മകളെ കടത്തിവിട്ട സാഹചര്യങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി ഒരു സാക്ഷ്യമായിട്ട് അവൾ നിന്നു അവൻ നിന്നു അവനെപ്പോലെ എന്നെ സ്നേഹിച്ചൊരുവൻ അവനെപ്പോലെ എന്നേണ്ടി ഹൃദയം വെച്ചൊരുവൻ ഈ നിലയിൽ നാം ഓരോരുത്തരും ആയിത്തീരേണ്ടതിനാണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിൽ പല അവസ്ഥകളിലാക്കി വച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചതുപോലെ മോശീദ് ഒരു ദിവസം കൊണ്ടോ ഒരു ദൈവം വെച്ചിരിക്കുന്ന ഒരു അപ്പോയിൻ്റ്മെൻ്റ് കൊണ്ടല്ല മോശ നേടിയെടുത്തത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ മോശയിലൂടെ ഉണ്ടായിരുന്നു പക്ഷെ മോശർ കടന്നു വഴികൾ നോക്കുക ഏറ്റവും സങ്കീർണമായൊരു കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുക മോശയിലെ വിജയത്തിൻ്റെ അടിസ്ഥ അടിസ്ഥാനം ഹിബ്രായൽ ലേഖനത്തിൽ ഒരു ഒരു നാൾ പോലെ ആ പതിനൊന്നാം അധ്യായത്തിൽ കാണിക്കുന്നുണ്ട് മോശയെപ്പറ്റി ഒരു അഞ്ച് ആറ് സെൻറ്റൻസിൽ മോശയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും മോശ ഈ സാക്ഷ്യം പ്രാപിച്ചതിൻ്റെ ഒരു നാൾ വഴിയും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം ഇങ്ങനെ വായിക്കുന്നു വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു നമ്മളിത് വായിച്ചു പോകുമ്പോൾ മോശ ആരായിരുന്നു നമ്മൾ കേട്ടതുപോലെ മോശ അടുത്ത ഫറവായിട്ട് വരുവാൻ സാധ്യതയുള്ളവണ്ണം ഫറവോയുടെ വലം കയ്യായിട്ട് ആ അത്രമാത്രം ഉന്നതമായൊരു പൊസിഷൻ ഇരുന്നയാളാണ് നമുക്ക് മോശയിലുള്ള ദൈവഭയം താൻ കൊട്ടാരത്തിലായിരുന്ന അവസ്ഥകളിൽ മുഴുവൻ ആ നാടുകളിലെല്ലാം തൻ്റെ ഹൃദയം ഇപ്പോഴും ദൈവത്തോട് അടുത്തിരുന്നു ഇന്ന് നമ്മൾ കേട്ടത് പോലെ അവൻ്റെ ഹൃദയം എവിടെയായിരുന്നു അതിൽ തെളിവാണിത് ഇല്ലെങ്കിൽ മാനുഷികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചേ മോശ ഒരു പക്ഷേ ആ ഫറവോയുടെ കാലഘട്ടം കഴിഞ്ഞ് മോശ ഫറവോയായിട്ട് വാണാൽ അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ മോശയുടെ ബുദ്ധിയിൽ മോശയ്ക്ക് ചിന്തിക്കാം ഞാൻ എൻ്റെ ജനത്തെ വിടുവിക്കാനായിട്ട് ദൈവം എന്നെ കൊട്ടാരത്തിലാക്കിയിരിക്കുന്നത് അടുത്ത ഫറവോയായി ഞാനെൻ്റെ ജനത്തെ മുഴുവൻ അങ്ങ് രക്ഷ ചെയ്യും നമുക്ക് നല്ലൊരു സാധ്യതയല്ലേ ദൈവത്തോട് അടുത്തിരിക്കാത്തൊരു വ്യക്തി ഞാനങ്ങനെ ചിന്തിക്കാം ആ സമയത്ത് ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുകയുണ്ടായിരുന്നു ആ ഇതല്ലേ കൊട്ടാരത്തിലാക്കി വച്ചിരിക്കുന്ന ഉദ്ദേശം അതിലൂടെ അതിൽ ഞാൻ രാജാവാകുക ഇപ്പോഴത്തെ ഫറവോഡ് കാലം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ജനത്തെ മുഴുവൻ ഉദ്ധരിച്ച് കത്താവ് പറഞ്ഞ കാലാദേശത്തേക്ക് എങ്ങനെ പോകും ഒരു രാജകീയ ഒരു പലപ്പോഴും നമ്മൾ പ്രതിഷേധങ്ങൾ കാണാം വിഗ്രഹങ്ങൾ വഹിച്ചു ഒരു പക്ഷേ ജയാളികളെ പോലെ നമ്മുടെ കത്താവിൻ്റെ നാമം പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ആ നിലയിലൊക്കെ നമ്മൾ പ്രതിഷ്ഠ അല്ലെ അങ്ങനെ ഒരു ജയാരവത്തോടെ ഭീഷണികളൊന്നുമില്ലാതെ ഈ കാനൽ നാട്ടിലേക്കുള്ള യാത്ര പ്രിയപ്പെട്ട അതല്ല ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടും ദൈവം അങ്ങനെ അനുവദിച്ചില്ല എന്തിനാണ് മോശയെ കൊണ്ടേ കൊട്ടാരത്തിൽ കൊണ്ട് വെച്ചത് ഒരു പ്രയോജനവും കിട്ടിയില്ലല്ലോ ഇത്രയോ ഒരു ആടുകളെ നോക്കിയാൽ നാൽപ്പത് വർഷമല്ലേ മോശയ്ക്ക് പ്രയോജനപ്പെട്ടത് പിന്നെ എന്തിനാണ് ദൈവത്തിന് തെറ്റിപ്പറ്റിയോ ഇല്ല അവിടെയും അവിടെയും മോശയുടെ മുമ്പിൽ താൻ തിരഞ്ഞെടുക്കേണ്ട ഒരു വഴി ഇവിടെ നമ്മൾ പറഞ്ഞു വായിച്ചത് എന്താണ് മോശ ഒരു കാര്യം തിരഞ്ഞെടുത്തു ഇന്ന് നാം മോശയുടെ ഒരു ഒരളവിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ നാം ഇങ്ങനെയൊരു അവസ്ഥയിലാണ് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങൾ ഒരു പശേ നമുക്ക് അല്ലെങ്കിൽ ചില കഷ്ടതകൾ ദൈവം അനുവദിക്കുന്ന കൂടെ ദൈവം തൻ്റെ രക്തത്താൽ രക്ഷിച്ച് നമ്മളുടെ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒന്നിച്ച് ഈ ഇടുക്കമുള്ള വഴിയിലൂടെ ആ ജീവിതത്തിലൂടെ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും നോക്കുക മോശം തിരഞ്ഞെടുത്തു തൻ്റെ ബുദ്ധിയിലല്ല തൻ്റെ ദൈവഭയത്തിൽ അപ്പോൾ നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് ഇന്ന് നമ്മളുടെ വഴികൾ മാർഗങ്ങൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവം ചില ശോധനകളിലൂടെ നമ്മളെ കടത്തിവിടുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പറ്റി ചിന്തിക്കുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയിട്ടുണ്ടാവാം എവിടെയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് ലോകത്തിൽ നിന്നുള്ളൊരു കാര്യമാണോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അതോ ഞാൻ നിരന്തരം ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നവരാണോ നമുക്കിന്ന് ചിന്തിക്കാം മോശം ഒരു ദിവസം കൊണ്ട് പ്രാപിച്ചതല്ല ഒരു ജീവിതം കൊണ്ട് പ്രാപിച്ച സാക്ഷ്യത്തിനായിട്ട് നമുക്കും ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ കൃപ ഇന്ന് നമുക്ക് അവൈലബിളാണ് രണ്ടാമതെന്താണ് പറഞ്ഞത് പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോയുടെ പുത്രിയുടെ മകൾ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു നോക്കി രണ്ട് കാര്യം പറയുന്നു ഒന്ന് പ്രതിഫലം നോക്കി എവിടുത്തെ പ്രതിഫലം ലോകത്തിൽ തനിക്കുണ്ടായിരുന്ന സാധ്യതകളെല്ലാം താൻ വേണ്ടെന്ന് വെച്ചു അപ്പോൾ ലോകത്തിൽ നിന്ന് പ്രതിഫലം താൻ പ്രതീക്ഷിച്ചില്ല ലോകത്തിൽ നിന്നാണ് താൻ പ്രതിഫലം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തനിക്കാകാമായിരുന്ന ഏറ്റവും നല്ല സ്ഥാനം ഫറവോയുടെ കൊട്ടാരമാണ് അവിടെ നിന്ന് രഹസ്യത്തി രഹസ്യമായി തൻ്റെ സഹോദരന്മാരെ തൻ്റെ ജനത്തെ തനിക്ക് സഹായിക്കാമായിരുന്നു അല്ലെങ്കിൽ അല്പം മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ താൻ ഒരു ഫറവോ ആയ ശേഷം അവരെ സഹായിക്കാമായിരുന്നു അതല്ല മോശം ആഗ്രഹിച്ചത് മറിച്ച് നിത്യതയിൽ ഈ ലോകത്തിലെ അബ്രഹാം കൂടാരങ്ങളിൽ താമസിച്ചത് അല്ലെങ്കിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചത് ഒരു കൊട്ടാരത്തിൽ ഒരു ഒരു കൂടാരത്തിനായിട്ട് ഒരു വാസസ്ഥലത്തിനായിട്ട് ആഗ്രഹിച്ച് ഈ ലോകത്തിൽ ആ കൂടാരങ്ങളിൽ വസിച്ച അബ്രാഹാമിനെ പോലെ നോക്കി സമൃദ്ധിയുടെ ഒന്ന് നടുവിൽ ഈ രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഈജിപ്തിലെ രാജാവെന്ന പദവിയിൽ നിന്ന് താൻ ആ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല മറിച്ച് പ്രിയപ്പെട്ടവരെ എന്നെ ആദ്യം ചിന്തിപ്പിച്ചു ഈ ലോകത്തിൽ നിന്നല്ല ഒരു നന്മ നാം പ്രതീക്ഷിക്കേണ്ടത് ഈ ലോകത്തിൽ നമുക്ക് പ്രതിഫലമില്ല ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് ആ കഷ്ടം എന്നുള്ളത് ചില സാമ്പത്തിക കഷ്ടമല്ല മറിച്ച് നാം എപ്പോഴും കേൾക്കുന്നത് പോലെ ഇഷ്ടത്തിനായിട്ട് എന്നെ ചെത്തി മിനുക്കുന്ന ആ പണിയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഞാൻ സഹകാരിയാകുകയാണ് ഞാൻ എന്നെ തന്നെ വെച്ചു കൊടുക്കുകയാണ് അവിടെ നോക്ക് അവിടെ അവിടെ ആ അവിടെ ലഭിക്കാമായിരുന്ന എല്ലാ സാധ്യതകളും തൻ നിരസിച്ചു നോക്കി ഒന്ന് തിരഞ്ഞെടുത്തു താൻ നിരസിച്ചു മൂന്നാമത് നോക്കുക മിസൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി ഒരു ഒരു ഉറപ്പ് നമ്മൾ വായിച്ചു പോകുമ്പോൾ എളുപ്പമാണ് ആ രാജകൊട്ടാരത്തിൻ്റെ മുഴുവൻ പ്രതാപത്തിലും പ്രൗഢിയിലും ഇരുന്ന് അല്ലെ നമ്മളെ ഇന്നാക്കി വെച്ചിരിക്കുന്ന സ്വസ്ഥതയുടെ അവസ്ഥയിലിരുന്ന് ആ നിസ്സാരത തന്നെ അല്ലേ അങ്ങനെയല്ലേ കത്താവിനെ പറ്റി പറയുന്നത് ഇതിനു വേണ്ടിയ കത്താവ് വചനത്തിൽ നമ്മൾ കൊടിന്ദലേഖനം എന്ന അധ്യാപകൻ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ അങ്ങനെ ഞാനികളെ നിസ്സ ലജ്ജിപ്പിക്കാനായിട്ട് ദൈവം ലോകത്തിൽ നിസ്സാരമായത് നിസ്സാരത തിരഞ്ഞെടുത്തു പ്രിയപ്പെട്ടവരെ ഇവിടെയും മോശ താൻ പ്രാപിച്ച ആ സാക്ഷ്യത്തിനായിട്ട് ആ ഉന്നതങ്ങളിൽ തൻ്റെ ലക്ഷ്യം വെച്ചിരുന്നതുകൊണ്ട് ഈ ഇസ്രയേലിൻ്റെ അന്ന് സോറി അന്ന് ഈ മിസ്രൈമിൻ്റെ അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ധനാത്മക ധന സമ്പന്ന സമ്പന്നമായ രാജ്യം പ്രതാപ രാജ്യം ആ രാജ്യത്തിൻ്റെ ഒന്നും തന്നെ സ്പർശിക്കാൻ തന്നെ അനുവദിച്ചില്ല എന്നിട്ടിപ്പോൾ നോക്കുക അടുത്ത അടുത്തപ്പം നോക്കുക അവിടെ തിരഞ്ഞെടുത്തു നിരസിച്ചു എണ്ണി ഇരുപത്തി ഏഴാം വാക്യം വിശ്വാസ തലമൻ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു തൻ്റെ പ്രതികൂലം നോക്കുക മോശം കടന്നു പോയ വഴി വല്ലതും എളുപ്പമുള്ള വഴിയായിരുന്നു ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് അവിടെ കണ്ടത് എന്താണ് പ്രതികൂലം പുറകിൽ ഫറവു മുമ്പിൽ ചെങ്കടൽ അത് കടന്നു അവിടെ അവിടെ തപ്പുകൊട്ടി ഇവിടെ തന്നെ തിരിഞ്ഞ് തനിക്കെതിരെ റിബല്യൻ ദൈവത്തിനെതിരെ ദൈവം നിന്ന അവിടെ വ്യഭിചാരം പാപത്തിൻ്റെ കുത്തരങ്ങ് അവിശ്വാസം ദൈവത്തെ തിക്കരിക്കുക മാത്രമല്ല ദൈവത്തെ നിന്ദിക്കുന്ന വിഗ്രഹാരാധന എളുപ്പമായിരുന്നില്ല ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം മോശം തന്നെ ജനത്തെ നയി നയിക്കുമ്പോൾ അത് എളുപ്പമുള്ളൊരു വഴിയല്ല പ്രിയപ്പെട്ടവരെയും നമ്മുടെ ക്രിസ്ത്യ ജീവിതം പോലെ തന്നെ അവിടെ ജനക്കങ്ങളുണ്ട് അവിടെ രോഗങ്ങളുണ്ട് അവിടെ ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ സാമ്പത്തിക തകർച്ചയുണ്ട് പക്ഷെ അതിൻ്റെ മധ്യത്തിലെല്ലാം ദൈവവും പാകെ കവണ് കിടന്നവൻ അവിടെ ഉറച്ചു നിന്നു ആ വാക്യമാണ് മോശപ്പെട്ടിവിടെ പറയുന്നത് അവൻ ഉറച്ചു നിന്നു സാഹചര്യങ്ങളെ നോക്കിയാൽ അവന് ഉറച്ചു നിൽക്കാൻ ഒരു സാധ്യതയുമില്ല ഇവിടെ എന്താ പറയുന്നത് വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു തൻ്റെ സാഹിത്യങ്ങളെ നോക്കുമ്പോൾ തൻ്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെ നോക്കിയുമ്പോൾ തനിക്ക് ആശ്വസിക്കാനും പ്രത്യാശിക്കാനും ഒന്നുമില്ല ദൈവം പോലും പലപ്പോഴും തിരിഞ്ഞതായിട്ടുള്ള അവസ്ഥ അല്ലേ ഈ ജനത്തെ ഞാൻ ഇവിടെ നശിപ്പിക്കുമെന്ന് ദൈവം പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവം ഞാൻ നിന്റെ കൂടെ വരികയില്ല എന്ന് പറയുമ്പോൾ കർത്താവിനോട് കർത്താവിനോട് നിലവിളിച്ച് അങ്ങ് മുമ്പേ പോയില്ലെങ്കിൽ എന്നെ ഛേദിച്ച് കളയണമേ എന്നെ അവിടുത്തെ ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റി അവൻ്റെ പേര് വിട്ടണമേ എന്ന് പറയാൻ തക്കവണ്ണം തീഷ്ണതയും തൻ്റെ ജനത്തെ സ്നേഹിച്ച് കത്താവിൽ തന്നെ ഉറച്ചു നിന്നവൻ നമുക്ക് എത്രമാത്രം സാധ്യതകളാണ് ദൈവം ഇവിടെ നമുക്ക് വീണ്ടും വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലികളുടെ സംഹാരകൻ അവരെ തൊടാതിരിക്കുവാൻ പെസകയും ചോരത്തളിയും ആചരിച്ചു നമുക്ക് ഒരു അനുസരണത്തിലേക്ക് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നതല്ല ഇന്ന് നാം ഉറപ്പ ഉറക്കത്തിൽ സ്വപ്നം വഴിയല്ല ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നത് നമ്മയെ നമ്മെ നടത്തുവാൻ ദൈവത്തിൻ്റെ വചനമുണ്ട് നമ്മയെ പ്രബോധിപ്പിക്കാനായിട്ട് ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട് നമ്മുടെ സഹോദരന്മാരുണ്ട് നമ്മളെ നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാം സഭ നമുക്ക് തന്നിരിക്കുന്നു അവിടെ എല്ലാം നോക്കുക അവിടെ ആ അനുസരണത്തിന് താഴ്മയോടെ ആത്മാവിൽ അവിടെ ആചരിച്ചു എന്നാണ് നാം കാണുന്നത് വീണ്ടും വിശ്വാസത്താലും കരയില്ലെന്നപോലെ ചെങ്കടയിൽ കൂടെ കടന്നു നമുക്ക് അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി മോശ അനുസരിച്ച് നടന്നു നമുക്കൊരു ഒരു നാൾ പോലെ മോശയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ എബ്രാഹിം ലേഖനക്കാരൻ വരച്ചു കാട്ടുമ്പോൾ ഇന്ന് ഒരു ദുർഘട കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കും നമ്മുടെ ഹൃദയത്തിൽ പുതിയ ചില തിരഞ്ഞെടുപ്പുകൾ അതാണെന്ന് അതിനോട് കർത്താവ് സംസാരിച്ചത് നിൻ്റെ ഹൃദയം എവിടെ ഒരു പുതിയ തിരഞ്ഞെടുപ്പ് ഒരു പുതിയ നിർണയം ചിലതിനെ നിരസിച്ചു കളയാനായിട്ട് ഒരു പുതിയ നിശ്ചയം അല്ലെങ്കിൽ ഒരു പുതിയ ഉറപ്പ് സഭയിൽ കൂടുതൽ ആത്മീയമായിട്ട് വളർച്ചയ്ക്കായിട്ട് ഉള്ള ദാഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടുള്ള ആവശ്യബോധത്തോടെ ഒരു ദാഹം ദാഹത്തോടെ ആയിരിക്കുന്ന അവസ്ഥ ഇപ്പഴും നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുന്ന നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവം തരുന്ന ഈ ദിവസങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു എന്നെയും തന്നെ ഒരു ഒരു സാഹചര്യത്തോടെ ദൈവം നടത്തുന്നു എനിക്കൊന്നറിയാം ദൈവം വിശ്വസ്തനാണ് അവശ്വസ്തനായി ഇരുന്നപ്പോഴും ദൈവം വിശ്വസ്തനാണ് തീർച്ചയായിട്ടും അവശ്വസ്തനായിട്ട് ഇരിക്കുവാനല്ല വിശ്വസ്തനാക്കുവാൻ തന്നെ മതിയായവനായ കർത്താവിൽ ചാരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ഞാനും അതിനായിട്ട് രഹതയെ ദിവയ്ക്കുന്നു ദൈവം ബാഗെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു